ദുഷ്ടരായ സ്ത്രീകൾ ദുഷ്ടരായ പുരുഷന്മാർക്കും ദുഷ്ടരായ പുരുഷന്മാർ ദുഷ്ടരായ സ്ത്രീകൾക്കുമാണ് സൽസ്വഭാവമുള്ള സ്ത്രീകൾ സൽസ്വഭാവമുള്ള പുരുഷന്മാർക്കും സൽസ്വഭാവമുള്ള പുരുഷന്മാർ സൽസ്വഭാവമുള്ള സ്ത്രീകൾക്കുമാണ് അവർക്കെതിരെ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് അവർ മുക്തരാണ് അവർക്ക് പാപമോചനവും മാന്യമായ ഉപജീവനവും ഉണ്ട്